परमात्मने गीदा, भगवत गीदा, अधा इनी परमात् यार्थ गीत श्रीमद्भगवी अथ द्वादशोध्याय इन पन्मायध्या श्रीकृष्ण अनन्जी परम पद लगभग അർജുനൻ ഒരു സംശയം ഉന്നയിക്കുകയാണ് ഇങ്ങനെയുള്ള സുഗുണഭക്തിയാണോ അതോ അവ്യക്തവും അക്ഷയവുമായ നിർഗുണബ്രഹ്മത്തെ ഉപാസിക്കുകയാണോ കൂടുതൽ നല്ലതെന്ന് അർജുനൻ ഈ പ്രശ്നം മൂന്നാം പ്രാവശ്യമാണ് ഉന്നയിക്കുന്നത് മൂന്നാം അധ്യായത്തിൽ അർജുനൻ ചോദിച്ചു ഭഗവൻ സാംഖ്യം എന്ന മാധ്യമത്തിലൂടെ ചെയ്യുന്ന കർമ്മമോ സമർപ്പണ രൂപത്തിൽ അനുഷ്ഠിക്കുന്ന നിഷ്കാമകർമ്മമോ കൂടുതൽ അഭിലഷണീയം ഇപ്പോഴിതാ പന്ത്രണ്ടാം അധ്യായത്തിൽ മൂന്നാം പ്രാവശ്യവും അതേ പ്രശ്നം അർജുനൻ ഉന്നയിക്കുകയുണ്ടായി അർജുന ഉവാച്ച സതയുക്ത ഭുപാസത്തെ ഇങ്ങനെ അങ് പറഞ്ഞ വിധികൾ അനുസരിച്ച് അനന്യഭക്തിയോടെ അങ്ങയെ ശരണം പ്രാപിച്ച് അങ്ങയോടൊത്തുചേർന്ന് ഒരു കൂട്ടർ ഉപാസിക്കുന്നു മറ്റൊരു കൂട്ടം ഭക്തന്മാർ അങ്ങയെ ശരണം പ്രാപിക്കാതെ സ്വതന്ത്രമായി സ്വമേധയാ അക്ഷയവും അവ്യക്തവുമായ ബ്രഹ്മത്തെ ഉപാസിക്കുന്നു ഈ രണ്ടു കൂട്ടരിൽ കൂടുതൽ ശ്രേഷ്ഠത ആർക്കാണ് ഈ സംശയത്തിന് യോഗേശ്വരൻ ഇങ്ങനെ മറുപടി പറയുന്നു ശ്രീ ഭഗവാൻ ഉവാച്ച േശ്യമനോയേമാ നിത്യുക്ത ഉപാസത്തെ ശ്രദ്ധയാ പരയോപേതേ യുക്തമാമത അർജുന എന്നിൽ മനസ്സേ കാഗ്രമാക്കി നിരന്തരം എന്നോട് ബന്ധപ്പെട്ട പരമാത്മാവിൽ ശ്രദ്ധാലുക്കളായി എന്നെ ഉപാസിക്കുന്നവരെ യോഗികളിൽ ഉത്തമരായി ഞാൻ കരുതുന്നു സർവത്ര ഗമചിന്യ കൂട്ടസ്ഥലം ധ്രുവം േന്ദ്രിയ ഗ്രാമം സമബുദ്ധയ തേമേവൂതേര ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ച് എല്ലാവരിലും സമഭാവന പുലർത്തി സർവ്യാപിയും അജിന്യരൂപനും എപ്പോഴും ഏകരസത്തിൽ കഴിയുന്നവനും നിത്യവും നിശ്ചലനും അവ്യക്തനും ആകാരഹിതനും അവിനാശിയുമായ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവരും എല്ലാ ജീവജാലങ്ങളുടെയും നന്മകൾ മനസ്സിൽ കൊണ്ടും എല്ലാവരെയും സമന്മാരായി ഭാവിച്ചും സാധന ചെയ്യുന്ന യോഗികളും എന്നിൽ തന്നെയാണ് വന്നു ചേരുന്നത് ഉപയുക്തമായ എല്ലാ വിശേഷണങ്ങളും എനിക്കും ചേരുന്നവ തന്നെ എന്നാൽ ക്ലേശോധികത്തിൽ ദുഃഖംഭിരവാപ്യത അവ്യക്തമായ ബ്രഹ്മത്തിൽ ആസക്തചിത്തരായ പുരുഷന്മാർക്ക് ക്ലേശകരമായ സാധനകൾ അനുഷ്ഠിക്കേണ്ടി വരുന്നു ദേഹാഭിമാനികൾക്ക് അവ്യക്തത്തിൽ എത്തിച്ചേരാനുള്ള യാത്ര ദുഃഖജനകമത്രേ ദേഹാഭിമാനം ഉള്ളവർക്ക് അവ്യക്തപ്രാപ്തി ദുഷ്കരമാണ് അവ്യക്തനായ പരമാത്മാവ് ശ്രീകൃഷ്ണനിൽ വ്യക്തമായിരിക്കെയാണ് മഹാപുരുഷന്മാരെ ശരണം പ്രാപിക്കാതെ സ്വന്തം ശക്തിക്കനുസൃതമായി മുന്നോട്ടു നീങ്ങുന്ന സാധകൻ താൻ ഇപ്പോൾ ഏത് നിലയിൽ നിൽക്കുന്നുവെന്നും ഇനി എത്ര കണ്ട് പുരോഗമിക്കേണ്ടതുണ്ടെന്നും ഒടുവിൽ അവ്യക്താവസ്ഥയിൽ എത്തണമെന്നും അത് തന്റെ രൂപം തന്നെയാണെന്നും മനസ്സിലാക്കുന്നു സോഹം താൻ പരമാത്മാവ് തന്നെയെന്ന് കാലേക്കൂട്ടി ധരിച്ച് വശായാൽ പരമാത്മപ്രാപ്തി എന്ന ലക്ഷ്യത്തിനുവേണ്ടി ശ്രമിക്കുകയില്ല ഇത് ഇത്തരക്കാരുടെ വഴിയിൽ തടസം സൃഷ്ടിക്കും അതിനാൽ ദുഃഖാലയവും അനിത്യവുമായ ലോകത്തു എന്നും കഴിയേണ്ടി ചെയ്യും എന്നാൽ എന്നെ സമർപ്പണ മനോഭാവത്തോടെ ശരണം പ്രാപിക്കുന്നവർക്ക് ഈ തടസ്സം മാറിക്കിട്ടുന്നു േതു സർവാണി കർമാണി മൈ സന്യസ്യ മത്പരാ അനന്യനോനധ്യത ഉപാസത്തെ എന്നെ പൂർണ്ണമായി ആശ്രയിച്ച് എല്ലാ കർമ്മങ്ങളും എനിക്ക് സമർപ്പിച്ച് അനന്യഭാവത്തോടെ യോഗക്രിയകളിലൂടെയും നിരന്തര്യാനത്തിലൂടെയും ആരെല്ലാമാണോ എന്നെ ഉപാസിക്കുന്നത് തഹം സമുദർത്ത മൃത്യു സംസാരസാഗരാ ഭിരാത് പാർത്ഥ മൈ ആവേഷേത എന്നിൽ മനസ് ലയിപ്പിച്ചു കഴിയുന്ന ആ ഭക്തന്മാരെ മൃത്യുരൂപമായ സംസാരദുരിതത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കും ഇങ്ങനെ മനസ്സിലയിപ്പിക്കാനുള്ള പ്രേരണയെപ്പറ്റിയും വിധികളെപ്പറ്റിയും യോഗേശ്വരൻ തുടർന്ന് പറയുന്നു സംശയ അതിനാൽ അർജുന എന്നിൽ മനസ്സും ബുദ്ധിയും ഉറപ്പിക്കുക അതിനുശേഷം നീ എന്നിൽ തന്നെ വാസമുറപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല മനസ്സിനെ നിയന്ത്രിക്കുന്നത് വായുവിനെ പിടിച്ചു നിർത്തുന്നത് പോലെ ദുഷ്കരമാണെന്ന് ശ്രീകൃഷ്ണൻ നേരത്തെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മനസ്സിനെങ്കിലും സമാധാത്തും ും മനസിനെ എന്നിൽ ഉറപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ യോഗാഭ്യാസം കൊണ്ട് എന്നെ പ്രാപിക്കാവുന്നതാണ് ചിത്തം വിഷയങ്ങളിൽ അലയുമ്പോൾ അതിനെ പിന്തിരിപ്പിച്ച് ചിന്തനത്തിലും യോഗാചരണങ്ങളിലും നിയോഗിക്കലാണ് അഭ്യാസം ഇതും അസാധ്യമാണെന്ന് വന്നാലോ അഭ്യാസേപ്യസമർ സി മത്കർമ്മ പരമോഭവ മദർമപി അഭ്യാസവും നിനക്ക് വശമാകുന്നില്ലെങ്കിൽ എനിക്ക് വേണ്ടി ഫലേച്ഛയില്ലാതെ കർമ്മങ്ങൾ അനുഷ്ഠിക്കൂ ഇങ്ങനെയായാലും പരമപദം പ്രാപിക്കാം അഭ്യാസം അസാധ്യമെന്ന് തോന്നുന്ന നിയതകർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ മതിയാകുമെന്ന് താൽപ്പര്യം ശ്രിതം താത്മവാ ഇതും പറ്റിയില്ലെങ്കിൽ ഫലാപേക്ഷ കൂടാതെ ലാഭനഷ്ടങ്ങളെപ്പറ്റി ചിന്തിക്കാതെ സാക്ഷാത്കാരം സിദ്ധിച്ച ഒരു മഹാപുരുഷനെ ശരണം പ്രാപിക്കുക അദ്ദേഹത്തിലൂടെ ആത്മലാഭത്തിന് ശ്രമിക്കൂ കർമ്മഫലത്യാഗത്തിന്റെ മഹത്വം വിവരിക്കുന്നു ചിത്തത്തെ നിരോധിക്കാനുള്ള അഭ്യാസത്തെക്കാൾ ശ്രേയസ്കരമാണ് ജ്ഞാനമാർഗത്തിലൂടെ കർമ്മമാർഗത്തിലേക്ക് കടക്കുന്നത് ജ്ഞാനം എന്ന മാധ്യമത്തിലൂടെ കർമ്മം ചെയ്യുന്നതിനേക്കാൾ ഉത്തമമാണ് ധ്യാനമാർഗം എന്തെന്നാൽ ധ്യാനമാർഗത്തിൽ പരമാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നു ധ്യാനത്തെക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മഫലങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കുന്നത് ഇഷ്ടദേവനിൽ സർവസ്വവും സമർപ്പിച്ച് യോഗദൃഷ്ടിയോടെ കർമ്മഫലങ്ങൾ ത്യജിക്കുന്നതുകൊണ്ട് ഭക്തന്റെ യോഗക്ഷേമത്തിന്റെ ചുമതല भगवान भगवा ऐट अलगेग भक्तनेरमशांति नईक्त मार्गते उपासन ज्ञान मार्गी समर्पण मनोभव कर्म साधकन श्रेष्ठ भगवा अभिप्रायूटर चुका ജ്ഞാനമാർഗത്തിൽ പ്രതിബന്ധങ്ങൾ കൂടുതലായി ഉണ്ടാവും ലാഭനഷ്ടങ്ങൾ അയാളുടെ സ്വന്തം കാര്യമാണ് എന്നാൽ സമർപ്പണ ബുദ്ധിയോടെ ചെയ്യുന്ന സാധകന്റെ എല്ലാ ചുമതലയും ഭഗവാൻ തന്നെ ഏറ്റെടുക്കും അതിനാൽ കർമ്മഫലത്യാഗത്തിലൂടെ ശാന്തി നേടാനും സാധിക്കും അങ്ങനെയുള്ള ആളുടെ ലക്ഷണം എന്താണെന്നോ മൈത്ര കരുണേവോ നിരഹം സമദുഖസുഖമീ അങ്ങനെ ശാന്തി നേടുന്നയാൾ ഒരു ജീവിയോടും വിദ്വേഷം പുലർത്താത്തവനായി എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരോടും കാരണമില്ലാതെ കാരുണ്യം കാട്ടുന്നവനായി ഒന്നിനോടും മമതയില്ലാതെ അഹങ്കാരലേശമില്ലാതെ സുഖദുഃഖങ്ങളെ സമാന മനോഭാവത്തോടെ സ്വീകരിക്കുന്നവനായി ക്ഷമാമൂർത്തിയായി കഴിയുന്നു സന്തുഷ്ട സതതം യോഗി യർ ബുദ്ധിമത്ഭക്ത നിരന്തരം സാധനകൾ ചെയ്ത് യോഗചര്യയുടെ പരമകാഷ്ടയിലെത്തി ലാഭത്തിലും നഷ്ടത്തിലും സന്തുഷ്ടിയോടെ ശരീരേന്ദ്രിയ മനസ്സുകളെ നിയന്ത്രിച്ച് ദൃഢനിശ്ചയത്തോടെ മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചു കഴിയുന്ന ഭക്തൻ എനിക്ക് വളരെ പ്രിയങ്കരനാണ് യസ്മാോ ദ്വിജത്തെ ലോകോ ലോകർഷാമർഷഭയോ ദ്വേഗേ മറ്റുള്ളവരുടെ ഉള്ളം ഇളക്കാതെയും മറ്റുള്ളവർ മൂലം സ്വയം വികാരവിവശമാകാതെയും സന്തോഷം വിദ്വേഷം എന്നിവയാൽ മനക്ഷോഭത്തിന് വിധേയമാകാതെയും ശാന്തനായി കഴിയുന്ന ഭക്തൻ എനിക്ക് ഏറെ പ്രിയങ്കരനാണ് സാധകന്മാർക്ക് ഈ ശ്ലോകം അത്യന്തം ഉപയോഗപ്രദമാണ് താൻമൂലം ആർക്കും മനോവിഷമുണ്ടാകാതെ അദ്ദേഹം ജീവിതം നയിക്കണം പെരുമാറ്റം കൊണ്ട് മറ്റാർക്കും വേദനയുണ്ടാക്കരുത് മറ്റുള്ളവരുടെ പെരുമാറ്റം സാധകന്റെ മനസ്സിനെയും ക്ഷോഭിപ്പിക്കാൻ പാടില്ല ചിന്തയിൽ പ്രാർത്ഥനകൾ വിസ്മൃതമാകരുത് ക്രമം തെറ്റാനിടയാകരുത് നിങ്ങൾ റോഡിൽ ഇടതുവശത്തുകൂടി മാറിപ്പോകുമ്പോൾ എതിരെ വഴിതെറ്റി ആടിവരുന്ന മദ്യപാനിയെ തിരുത്താൻ ശ്രമിക്കാതെ ഒഴിഞ്ഞു മാറിപ്പോവുന്നതാണ് ബുദ്ധി അനപേക്ഷ ശുചിത ഉദാസീനോ സർവാരംഭപരിത്യാഗി ഒന്നും ആഗ്രഹിക്കാത്തവനും പരിശുദ്ധനും നിയതവിധികൾ ചെയ്യാൻ വിരുദുള്ളവനും ശത്രുമിത്രാദികളില്ലാത്തവനും ദുഃഖരഹിതനും ഒരു പ്രവൃത്തിയിലും എടുത്തു ചാടാത്തവനുമായ ഭക്തൻ എനിക്ക് ഏറെ പ്രിയങ്കരനാണ് കാക്ഷുഭാശുഭപരിത്യാഗി ഭക്തിമാന്യ സമേ പ്രിയ ഒരിക്കലും സന്തോഷത്തിൽ ഇളകാത്തവനും ആരെയും വെറുക്കാത്തവനും ദുഃഖിക്കാത്തവനും ഒന്നും ആഗ്രഹിക്കാത്തവനും ശുഭാശുഭകർമ്മങ്ങളുടെയെല്ലാം ഫലം ത്യജിച്ചവനും ഭക്തിയുടെ പരമകാഷ്ടയിലെത്തിയവനുമായ സാധകൻ എനിക്ക് ഏറെ പ്രിയങ്കരനാണ് സമ ശത്രോച മിത്രേ ചനാപമാനയോ ശീതോഷ്ണസുഖു ശത്രുക്കളിലും മിത്രങ്ങളിലും മാനത്തിലും അപമാനത്തിലും ശീതം ഉഷ്ണം സുഖം ദുഃഖം എന്നിവയിലും ഒരേ മനോഭാവം പുലർത്തുന്ന ആസക്തിരഹിതനായ ഭക്തൻ എനിക്ക് ഏറെ പ്രിയങ്കരനെത്രേ ഭക്തിമാന് മേ പ്രിയോ നിന്ദയെയും സ്തുതിയെയും ഒരേപോലെ കരുതുന്നവനും മനനശീലത്തിന്റെ ഉച്ചകോടിയിലെത്തി മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ശാന്തമാക്കിയവനും എങ്ങനെയെങ്കിലും ശരീരം പുലർത്തുന്നതുകൊണ്ട് മാത്രം സന്തോഷിക്കുന്നവനും സ്വന്തം വസതിയോട് പ്രത്യേക മമതയില്ലാത്തവനും ഭക്തിയുടെ പരമകാഷ്ടയിലെത്തിയവനും സ്ഥിരബുദ്ധിയുമായ പുരുഷൻ എനിക്ക് ഏറെ പ്രിയംകരനാണ് എന്നിൽ അത്യന്തം തൽപരരായി ശ്രദ്ധായുക്തരായി മേൽവിവരിച്ച ധർമ്മോപദേശങ്ങളാകുന്ന അമൃതം ആസ്വദിച്ചാചരിക്കുന്നവരായി എന്നെ ഭജിക്കുന്ന സാധകന്മാരെ ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്നു നിഷ്കർഷം പതിനൊന്നാം അധ്യായത്തിൽ അവസാന ഭാഗത്ത് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു അർജുന നീയല്ലാതെ മറ്റാരും എന്റെ വിശ്വരൂപം കണ്ടിട്ടില്ല ഇനിയൊട്ട് കാണാനും പോകുന്നില്ല എന്നാൽ തുടർന്ന് അനന്യഭക്തിയോടെ ഭജിക്കുന്ന ആർക്കും തന്റെ ദർശനം സുലഭമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ അർജുനൻ എന്ന വാക്ക് അനന്യഭക്തിയുള്ള ഏത് സാധകനും പറയാവുന്ന പര്യായമായി തീർന്നിരിക്കുന്നു ഈ അധ്യായത്തിൽ അർജുനൻ ഒരു സംശയമുന്നയിച്ചു അനന്യഭാവത്തോടെ അങ്ങിയെ സേവിക്കുന്നവരോ അവ്യക്തമായ ഭ്രഹ്മെ സേവിക്കുന്നവരോ കൂടുതൽ ശ്രേഷ്ഠതയുള്ളവർ രണ്ടു കൂട്ടരെയും ഞാൻ അംഗീകരിക്കുന്നു അപ്പോൾ ശ്രീകൃഷ്ണന്റെ ഉത്തരം എന്നാൽ ശരീരം പുലർത്തുന്നതോടൊപ്പം ഭൗതിക വസ്തുക്കളെ കൂടി ആശ്രയിച്ചു പോകുന്നതിനാൽ ആത്മീയതയിലേക്കുള്ള യാത്ര മന്ദഗതിയായി പോകും എന്ന ഒരു ഭഗവാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവ്യക്ത ബ്രഹ്മോപാസന കൂടുതൽ ആയാസകരമാക്കുന്ന ഒരു കാര്യമാണിത് ചിത്തനിരോധവും ചിത്തവിലയവും കഴിഞ്ഞ് അവ്യക്തബ്രഹ്മപ്രാപ്തി ഉണ്ടാകൂ ശരീരം ആ ലക്ഷ്യം നേടാൻ പ്രതിബന്ധമായി നിൽക്കുന്നു അത് ഞാനാണ് എനിക്കതു നേടണം എന്നെല്ലാം ആവർത്തിച്ചു പറയുമ്പോൾ ശരീരത്തിൽ കൂടുതൽ കുടുങ്ങുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് സമ്പൂർണ്ണ കർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ച് അനന്യഭക്തിയോടെ എന്നെ ധ്യാനിക്കൂ എന്ന് ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നത് ശരീരമെടുത്ത എന്നെ സഗുണയോഗിയുടെ രൂപത്തിൽ സമർപ്പണഭാവത്തോടെ തൈലധാര എന്ന പോലെ ചിന്തനം നടത്തി ഭജിച്ചാൽ ഞാൻ അനായാസേന അവരെ ഉദ്ധരിക്കും ഭക്തിമാർഗമാണ് കൂടുതൽ ഉത്തമമെന്ന് ഇതിൽ നിന്ന് ഊഹിക്കാം ശ്രീകൃഷ്ണൻ പറഞ്ഞു അർജുന എന്നിൽ മനസ്സുറപ്പിക്കൂ ഉറപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടി അതിനായി നിരന്തര പരിശ്രമം നടത്തൂ മനസ്സ് പിടിവിട്ടുപോയാൽ അതിനെ വീണ്ടും കീഴടക്കാൻ നോക്കൂ അത് അസാധ്യമായി തോന്നിയാൽ നീ കർമ്മത്തിൽ തൽപ്പരനാവുക അതിനും തടസ്സമുണ്ടായാൽ സ്ഥിതപ്രജ്ഞനും തത്വജ്ഞനുമായ ഒരു മഹാപുരുഷനെ ശരണം പ്രാപിച്ച് കർമ്മഫലങ്ങളെ ത്യജിച്ച് പരമശാന്തി നേടുക അതിനുശേഷം പരമശാന്തി നേടിയ ഭക്തന്റെ ലക്ഷണം ശ്രീകൃഷ്ണൻ വിവരിച്ചു ഈ ലക്ഷണങ്ങളുള്ള ഭക്തന്മാർ തനിക്ക് അത്യന്തം പ്രിയങ്കരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇങ്ങനെ ഈ അദ്ധ്യായത്തിലെ പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള ശ്ലോകങ്ങളിലൂടെ ഒരു യഥാർത്ഥ യോഗിയുടെ ചിത്രം ശ്രീകൃഷ്ണൻ വരച്ചു കാട്ടിയിരിക്കുന്നു സമർപ്പണഭാവത്തോടെ അനന്യഭക്തിയോടെ കർമ്മഫലത്യാഗത്തിലൂടെ ശാന്തി നേടാൻ ആഹ്വാനം ചെയ്തിരിക്കുന്ന ഈ അധ്യായം സാധകന്മാർക്ക് അത്യന്തം സഹായകമത്രേ അതിനാൽ ഈ അധ്യായത്തിന് നൽകിയ ഭക്തിയോഗം എന്ന പേര് വളരെ അനുയോജ്യവും ഉചിതവുമാകുന്നു ഓം തത്സതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യം യോഗശാസ്ത്രി ശ്രീകൃഷ്ണാർജുന സംവാദ ഭക്തിയോഗോ നാമ ദ്വാദശോധ്യായ ഓം ബ്രഹ്മം സത്യം ഇങ്ങനെ ഉപനിഷത്സാര സർവസ്വവും ബ്രഹ്മവിദ്യാമയവും യോഗശാസ്ത്രവിഷയകവും ശ്രീകൃഷ്ണാർജുന സംവാദരൂപവുമായ ഭഗവത്ഗീതയിൽ ഭക്തിയോഗം എന്ന പന്ത്രണ്ടാമധ്യായം തീർന്നു ഇതി ശ്രീമത് പരമഹംസ പരമാനന്ദ ശിഷ്യ സ്വാമി അടഗടാനന്ദകൃത ശ്രീമദ്ഭഗവത്ഗീത യഥാർത്ഥ ഗീതാഭാഷ ഭക്തിയോഗോ ദ്വാദശോധ്യായ പരമഹംസ പരമാനന്ദജീ മഹാരാജിന്റെ ശിഷ്യനായ സ്വാമി അടഗഡാനന്ദജി രചിച്ച യഥാർത്ഥഗീത എന്ന ശ്രീമദ്ഭഗവത്ഗീതാ ഭാഷ്യത്തിൽ ഭക്തിയോഗം എന്ന പന്ത്രണ്ടാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഹരി ഓം തത്സ